ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹുസുബാനഹുവറ്റ ആലായെന്നവർ പറയും പറയുക സർവ്വസ്തുതിയും അള്ളാഹുസുബാനഹുവറ്റ ആലായ്ക്കു തന്നെ എന്നാൽ അവരിൽ ഭൂരിഭാഗവും അറിയുന്നില്ല